അവന്റെ അനുമതിയോടെ നിങ്ങൾ അവരെ തോൽപ്പിച്ചപ്പോൾ അള്ളാഹുസുബഹാനഹുവത്താര നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റി എന്നാൽ നിങ്ങൾ തളരുകയും കാര്യങ്ങളിൽ തർക്കിക്കുകയും നിങ്ങൾ ഇഷ്ടപ്പെട്ടത് അവൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയും ചെയ്തപ്പോൾ അവൻ നിങ്ങളെ അവരിൽ നിന്ന് തിരിച്ചുവിട്ടു നിങ്ങളിൽ ചിലർ ദുനിയാവിനെ ആഗ്രഹിച്ചു ചിലർ പരലോകത്തെയും ആഗ്രഹിച്ചു അങ്ങനെ അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അവരിൽ നിന്ന് തിരിച്ചുവിട്ടു അവൻ നിങ്ങളോട് പുറത്തു തന്നു സത്യവിശ്വാസികളോടല്ലാഹുസുബാനഹുവ ആല വലിയ അനുഗ്രഹം ചൊരിയുന്നവനാണ്